അതുപോലെ ഓരോ പ്രവാചകനും നമ്മൾ ശത്രുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട് മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കൾ വഞ്ചനയ്ക്കായി അവർ പരസ്പരം മോശമായ വാക്കുകൾ ഉപദേശിക്കുന്നു നിന്റെ രക്ഷിതാവുദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ അത് ചെയ്യുമായിരുന്നില്ല അതിനാൽ അവരെയും അവർ കെട്ടിച്ചമയ്ക്കുന്നതിനേയും നീ വിട്ടേക്കുക